അനന്തരം ഇസ്രയേൽ മക്കളുടെ സർവസഭയും ഒന്നാം മാസം സീൻ മരുഭൂമിയിൽ എത്തി ജനം കാതേഷിൽ പാർത്തു അവിടെ വെച്ച് മിരിയ മരിച്ചു അവിടെ അവളെ അടക്കം ചെയ്തു ജനത്തിന് കുടിപ്പാൻ വെള്ളമുണ്ടായിരുന്നില്ല അപ്പോൾ അവർ മോശിക്കും അഹരോനും വിരോധമായി കൂട്ടം ജനം മോശയോട് കലഹിച്ചു ഞങ്ങളുടെ സഹോദരന്മാർ യഹോവയുടെ സന്നദ്ധിയിൽ മരിച്ചപ്പോൾ ഞങ്ങളും മരിച്ചുപോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ നിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് ഇവിടെ വിത്തും അത്തിപ്പഴവുഴു മുന്തിരിപ്പഴവുഴ മാതളപ്പഴവുഴ ഇല്ല കുടിപ്പാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു എന്നാറെ മോശയും അഹരൂനും സഭയുടെ മുമ്പിൽ നിന്ന് സമാഗമന കുടാരത്തിന്റെ വാതുക്കൽ ചെന്ന് കവിഞ്ഞുവീണു യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷമായി യഹോവ മോശയോട് നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരൂനുവിനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണെ പാറയോടോട് കൽപ്പിക്കാം എന്നാൽ അത് വെള്ളം തരിവരും പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ചു ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണം എന്നരുൾ ചെയ്തു തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് വടിയെടുത്തു മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോടോട് ി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ രണ്ടു പ്രാവശ്യം വളരെ വെള്ളം പുറപ്പെട്ടുവിട്ടു ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചൂച്ചു പിന്നെ യഹോവാ മോശയോടു അഹരോനോടു നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണേകെ എന്നെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകയില്ല എന്ന് അരുൾ ഇത് ഇസ്രയേൽ മക്കൾ യഹോവയോട് കലഹിച്ചതും അവർ അവരിൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായ കലഹജല അനന്തരം മോശ കാശിൽ നിന്ന് ഏതോം രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് പറയിച്ചത് നിന്റെ സഹോദരനായ ഇസ്രയേൽ ഇപ്രകാരം പറയുന്നു ഞങ്ങൾക്കുണ്ടായ കഷ്ടതയൊക്കെയും നീ അറിഞ്ഞിരിക്കുന്നുവല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ പോയി ഏറിയ കാലം പാർത്തു മിസ്രൈമർ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും പീഡിപ്പിച്ചു ഞങ്ങൾ യഹോവിയോട് നിലവിളിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ നിലവിളി കേട്ടു ഒരു ദൂതനെ അയച്ചു ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു ഞങ്ങൾ നിന്റെ അതിരിങ്കലുള്ള പട്ടണമായ കാദേശിൽ എത്തിയിരിക്കുന്നു ഞങ്ങൾ നിന്റെ ദേശത്തു കടന്നുപോകുവാൻ അനുവദിക്കണമേ ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ കയറുകയില്ല കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല ഞങ്ങൾ രാജപാതയിൽ കൂടി തന്നെ നടക്കും നിന്റെ അതിർ കഴിയും വരെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരികെയുമില്ല ഏതോ അവനോട് നീ എന്റെ നാട്ടിൽ കൂടി കടക്കരുതൽ കടന്നാൽ ഞാൻ വാളുമായി നിന്റെ നേരെ പുറപ്പെടും എന്നു പറഞ്ഞു അതിന് ഇസ്രയേൽ മക്കൾ അവനോട് ഞങ്ങൾ പെരുവഴിയിൽ കൂടി പൊയ്ക്കൊള്ളാം ഞാനും എന്റെ കന്നുകാലിയിൽ നിന്റെ വെള്ളം കുടിച്ചുപോയാൽ അതിന്റെ വില തരാ കാൽനടയായി കടന്നു പോകണമെന്നല്ലാതെ മറ്റൊന്നും എനിക്കുവേണ്ട എന്ന് പറഞ്ഞു അതിനവൻ നീ കടന്നു പോകരുത് എന്നു പറഞ്ഞറിഞ്ഞു ഏതോ ബഹുസൈന്യത്തോടും ബലമുള്ള കൈയ്യോടും കൂടെ അവന്റെ നേരെ പുറപ്പെട്ടുവിട്ടു ഇങ്ങനെ ഏതോ തന്റെ അതിരിൽ കൂടി കടന്നുപോകുവാൻ ഇസ്രയേലിനെ സമ്മതിച്ചില്ല േൽ അവനെ വിട്ട് ഒഴിഞ്ഞുപോയി പിന്നെ ഇസ്രയേൽ മക്കളുടെ സർവസഭയും കാദേശിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഹോർപർവ്വതത്തിൽ എത്തി ഏതോ ദേശത്തിന്റെ അതിരിങ്കലുള്ള ഹോർപർവ്വതത്തിൽ വെച്ച് യഹോവ മോശിയോടും അഹരോനോടും അരുളി ചെയ്തത് തന്റെ ജനത്തോട് ചേരും കലഹജലത്തിങ്കൽ നിങ്ങളെന്റെ കൽപ്പന മറുത്തതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കയില്ല അഹ് അവന്റെ മകനായ എലയാസാരിനെയും കൂട്ടി അവരെ ഹോർപർവ്വതത്തിൽ കൊണ്ടുചെന്ന് അഹരോന്റെ വസ്ത്രമൂരി അവന്റെ മകനായ എലയാസാരിനെ ധരിപ്പിക്കണം അഹരോൻ അവിടെ വെച്ച് മരിച്ച് തന്റെ ജനത്തോട് ചേരു യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു സർവസഭയും കാണുക അവർ മോശ അഹരോന്റെ വസ്ത്രം അവന്റെ മകനായ എലയാസാറിനെ ധരിപ്പിച്ചു അഹ് അവിടെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരിച്ചു മോശയും എലയാസാരുമാരും പർവ്വതത്തിൽ നിന്നു ഇറങ്ങി വന്നു അഹരോനു മരിച്ചുപോയി എന്ന് സഭയെല്ലാം അറിഞ്ഞപ്പോൾ ഇസ്രയേൽ ഗ്രഹമൊക്കെയും അഹരോനെ കുറിച്ച് മുപ്പത് ദിവസം വിലപിച്ചുകൊണ്ടിരുന്നു